ം രണ്ട് അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിന് ഒരു ആലയവും തനിക്ക് ഒരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു ശെലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരത്തി പേരെയും നിയമിച്ചു പിന്നെ ശെലോമോൻ സോർ രാജാവായ ഹൂരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്നാൽ എന്റെ അപ്പനായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരു കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയുവാൻ പോകുന്നു അത് അവന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവന്റെ സന്നദ്ധിയിൽ സുഗന്ധ ധൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ചയൊപ്പം ഒരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശപത്തുകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ ഈ ഉത്സവങ്ങളിലും ഹോമയാകം കഴിപ്പാനും തന്നെ ഇത് ഇസ്രയേലിന് ഒരു ശാശ്വത നിയമം ആകുന്നു ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവൻ ആർ സ്വർഗത്തിലും സ്വർഗാധീസ് സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെയിരിക്കെ അവന്റെ സന്നദ്ധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവന് ഒരു ആലയം പണിയേണ്ടതിന് ഞാൻ ആർ ആകയാൽ എന്റെ അപ്പനായ ദാവീദ് കരുതിയവരായി എന്റെ അടുക്കൽ യഹൂദയിലും എരുഷലേമിലുമുള്ള കൌശല പണിക്കാരോടുകൂടെ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് തൂമ്രനൂൽ ചുവപ്പുനൂൽ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തുപണി ശീലമുള്ളവനുമായ ഒരു ആളെ എന്റെ അടുക്കൽ അയച്ചു തരേണം നിന്ന് ദേവദാരിവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരേണം നിന്റെ വേലക്കാർ ലബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരെന്ന് എനിക്ക് അറിവുണ്ട് എനിക്ക് വേണ്ടുവോളം മരം ശേഖരിപ്പാൻ എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഇരിക്കും ഞാൻ പണി വാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം മരം വെട്ടുകാരായ നിന്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം കോർ കോതമ്പരിയും ഇരുപതിനായിരം കോർ യവവും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും ഇരുപതിനായിരം ബത്ത് എണ്ണയും കൊടുക്കും സോർ രാജാവായ ഹൂരാം ശലോമോന് യഹോവ തന്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹൂരാം പിന്നെയും പറഞ്ഞത് യഹോവയ്ക്ക് ഒരു ആലയവും തനിക്ക് ഒരു അരമനെയും പണിയേണ്ടതിന് നാനോ ബുദ്ധിയും വിവേകവുമുള്ള ഒരു മകനെ ദാവിദരാജാവിന് നൽകിയവനായി ആകാശവും ഭൂമിയുമുണ്ടാക്കിയവനായി ഇസ്രയേലിന്റെ ദൈവമായ ഹോവ വാഴ്ത്തപ്പെട്ടവനും ഇപ്പോൾ ഞാൻ നാനോ വിവേകവുമുള്ള പുരുഷനായ ഹൂരാം ആബിയെ അയച്ചിരിക്കുന്നു അവൻ ഒരു ധാന്യസ്ത്രീയുടെ മകൻ അവന്റെ അപ്പൻ ഒരു സോര്യൻ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം തുമ്രനൂൽ നീലനൂൽ ചണനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏതുവിധം കൊത്തുപണി ചെയ്യുവാനും നിന്റെ കൌശലപ്പണിക്കാരോടും നിന്റെ അപ്പനും എന്റെ യജമാനുമായ ദാവീദിന്റെ കൌശലപ്പണിക്കാരോടും കൂടെ അവന് ഏൽപ്പിക്കുന്ന ഏത് കൌശലപ്പണിയും സങ്കൽപ്പാനും അവൻ സമർത്ഥനാകുന്നു ആകയാൽ യജമാനൻ പറഞ്ഞ കോതമ്പും യവവും എണ്ണയും വീഞ്ഞും വേലക്കാർക്ക് കൊടുത്തയക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലബാനുനിൽ നിന്ന് മരം വെട്ടി ചങ്ങാടം കെട്ടി കടൽവഴിയായി യാഫോവിൽ എത്തിച്ചു തരും നീയത് മിലേക്ക് കൊണ്ടുപോകയാണ് അനന്തരം ഷെലോമോൻ ഇസ്രയേൽ ദേശത്തിലെ അന്യന്മാരെ ഒക്കെയും തന്റെ അപ്പനായ ദാവീദ് എണ്ണം നോക്കിയതുപോലെ എണ്ണമെടുത്താറെ ഒരു ലക്ഷത്തി പേർ എന്ന് കണ്ടു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായിട്ടും എൺപതിനായിരം പേരെ മലയിൽ കല്ലുവെട്ടുകാരായിട്ടും മൂവായിരത്തി അറുനൂറ് പേരെ ജനത്തെക്കൊണ്ട് വേല ചെയ്യിപ്പാൻ മേൽവിചാരകരായിട്ടും നിയമിച്ചു